തീർച്ചയായും നൂഹാലഹിസലാമിനെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് നാം അയച്ചു അദ്ദേഹം പറഞ്ഞു എൻറെ ജനതയെ നിങ്ങൾ അള്ളാഹു സുബാനുഹൂവറ്റ ആലയെ ആരാധിക്കുവിൻ അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല നിങ്ങൾ ഭയപ്പെടുകയില്ലേ